കഴുത്തിൽ വനമാല ചൂരലുവടി ശ്രീവത്സം ശംഖചക്ര കഥാപാണിയായി ശ്രീവത്സാങ്കിതനായി നിൽക്കുന്ന പ്രഭു ഇവിടെ ഗോപാലനായിട്ട് പശുപാലനായിട്ട് മുമ്പിൽ നിൽക്കുന്നു ഈ ദിവ്യരൂപത്തിനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് നൗമീദ്യത്തെ അഭ്രവപുഷേ തടിതംബരായ ഗുഞ്ചാബതം സ പരിപിച്ഛലസന്മുഖായ വന്യസ്രജേ കപളവേത്ര വിഷാളവേണുലക്ഷ്മശ്രീയേ മൃദുപദേ പശുപങ്കജായ കയ്യില് കഴിക്കാനുള്ള ഭക്ഷണവും വെച്ചുകൊണ്ട് ചൂരലുവടിയും वनमलाधार निकजन नमस्कार हे प्रभु अड़ या कू रजोगुण अमी ज्ञानमको भगवा स्वरूप अू एपनिषत् वास्तव पे സാധാരണ ജനങ്ങൾക്ക് ജ്ഞാനം അവർക്ക് എവിടുന്ന് സിദ്ധിക്കും എങ്ങനെ സിദ്ധിക്കും ബ്രഹ്മവിദ്യ എന്നുള്ളത് ഭഗവാന്റെ കൃപ കൊണ്ട് തേനെഹൃദ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഗുരു കൃപ കൊണ്ട് പ്രകാശിക്കേണ്ടതാണ് ആത്മവിദ്യ അതുകൊണ്ട് സജ്ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്ത ജീവന്തി സന്മുഖരിതംഭവീയ വർത്ത സ്ഥാനേ സ്ഥിത ോപ്യസി തൈ ത്രിലോക് ഇത് ഒരു സ്പിരിച്വൽ സീക്രട്ടാണ് അഖണ്ഠാനന്ദ സ്വാമിയോട് പറയുന്നു ആർക്ക് എനിക്ക് കിട്ടണം കിട്ടണം കിട്ടണം എന്ന് വിചാരിക്കുന്നു അവർക്ക് കിട്ടില്ല ആരെനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അവർക്ക് കിട്ടില്ല തിരുമൂലർ തിരുമന്തിരത്തിലടുത്ത് പറഞ്ഞു ലോകത്തിലുള്ള ആശയമൊക്കെ വിട്ട് ഭഗവാനോട് ആശ വയ്ക്കണം എന്ന് വെച്ചാൽ സാക്ഷാത്കാരം നേടണം മുക്തി നേടണം എന്ന് ആശ്രയ്ക്കും കുറച്ചു കഴിയുമ്പോൾ ആ ആശയം ഉപേക്ഷിച്ചു ആശയൻ ആശയൻ ഈശനോടാകലും ആശയൻ ആശയി പടപ്പടത്തുൻബം താനേ ആശയി വിടവിട ഇൻപം താനേ എത്ര കണ്ട് ആഗ്രഹം ഉള്ളിൽ വിട്ടുപോകുന്നു അത്ര കണ്ട് സുഖമാണ് ആ സുഖത്തിൽ തന്നെ ബ്രഹ്മാനുഭവം ഉള്ളില് പ്രകാശിച്ചു തുടങ്ങും അപ്പോ സജ്ജനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്ക് ജ്ഞാനത്തിന് നേടണം സാക്ഷാത്കാരം നേടണം മുക്തി നേടണം ഇങ്ങനത്തെ ഈ നേടണം നേടണം എന്നുള്ള ഒരു പിടി വിട്ടിട്ട് ഞാനേ പ്രയാസം ഉദപസ്യ ഞാനും നേടാനായിട്ടുള്ള ഈ വിഷമമായ പദ്ധതി തർക്കവിചാരവും യുക്തി വിചാരവും ഒക്കെ പിന്നെ എന്താ ചെയ്യുന്നത് നമന്തയേവ ജീവന്തി ജീവന്തി അവർ ജീവിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു നമന്തയേവ ജീവന്തി നമന്തന്മാരായിട്ട് അവരാണ് നമന്തന്മാരാണ് സന്തുക്കൾ മഹാന്ക്കളല്ല മഹന്ത എന്ന് വെച്ചാൽ മഠാധിപതി അവർക്ക് ലോകവ്യവഹാരമൊക്കെ ചെയ്യണം നമന്തയേ വജീവന്തി ആരും അറിയാതെ ഏകാന്തത്തിലിരുന്ന് ഭഗവാൻ നമസ്കാര ഭാവത്തോടുകൂടെ അഹങ്കാരം ഉദിക്കാൻ അനുവദിക്കാതെ ജീവിക്കലാണ് നമന്തയേ വ ജീവന്തി അവർക്ക് ജീവിക്കാൻ എന്തിനാണ് അവരുടെ മനസ്സ് സജ്ജനങ്ങളുടെ മുഖത്തിൽ നിന്നും സജ്ജനങ്ങള് ഭഗവത് അനുഭൂതിയുള്ള മഹാത്മാക്കൾ ജ്ഞാനികൾ അവരനുഭവിച്ചിരിക്കുന്ന ആനന്ദാനുഭവം അവരുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അത് പാനം ചെയ്തുകൊണ്ട് അത് കുടിച്ചുകൊണ്ട് അവർ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് जीवंती सन्मुरी श्रुतिगता मनोभी शरीर भगवानें नमस्क वाको भगवानेंतु चविको भगवद कन भगवानें ध्यान ഇനി ഭഗവാനെ ഫ്യൂച്ചറിലെ എപ്പോഴെങ്കിലുമൊക്കെ ഇനി പ്രാപിക്കണം എന്ന് ഭഗവാനെ ഇനി വരാൻപോടെ കാലത്തേക്ക് നീക്കിവെക്കാതെ ഇപ്പൊ തന്നെ ഭഗവാനെ അനുഭവിച്ചു പക്ഷേ അനുഭവിക്കണം എന്നൊരു ലക്ഷ്യം വെക്കണില്ല വളരെ ചെറിയൊരു സിൽവർ ലൈനേ ഉള്ളൂ സാധന എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സാധ്യം ഒന്നുണ്ടെന്നായി അപ്പൊ സാധ്യമൊന്നുണ്ട് അത് ഇപ്പൊ കിട്ടില്ല ഞാനിപ്പോ സാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി സാധ്യം വരാൻ പോണം അപ്പൊ തന്നെ എന്താ ഈ സാധ്യത്തിന് മുൻപില് വെച്ചു കാളങ്ങൾ നടത്തിക്കാൻ വേണ്ടി കാളയുടെ നെറ്റില് ഒരു വട്ടം ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു കമ്പി നീളത്തിൽ വെച്ചിട്ട് ആ കമ്പിയുടെ മുമ്പിൽ വൈക്കോല് കെട്ടിത്തൂക്കും അപ്പൊ ആ വൈക്കോല് തിന്നാനായിട്ട് കാള നടന്നുകൊണ്ടേ എനിക്ക് ഈ വൈക്കോല് എത്തേയില്ല അപ്പൊ എന്താ യു ഹാവ് കെപ്റ്റ് ഇറ്റ് ഇൻ എ ഡിസ്റ്റൻസ് ൻസ് വിൽ ഓൾവേസ് റിമീൻ എപ്പോഴും ഉണ്ടാവും മുമ്പിൽ ഇങ്ങനെ നിക്കും അപ്പോ അപ്പോ ഒരു ഒരു ദൂരത്തിൽ വെക്കലല്ല ഭഗവാൻ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ഉണ്ട് എങ്ങനെയുണ്ട് ഭഗവത് കഥാരൂപത്തിലുണ്ട് നാമത്തിന്റെ രൂപത്തിലുണ്ട് ആർക്ക് നാമം കിട്ടിയിരിക്കുന്നു അവർക്ക് ഭഗവാനെ കിട്ടിയിരിക്കുന്നു ആര് നിരന്തരം നാമജപം ചെയ്യുന്നുവോ അവർ ഭഗവാനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഓരോരിക്കും നാമം ജപിക്കുമ്പോഴും ഭഗവാനെ അനുഭവിക്കും നാമം ഹൃദയത്തിൽ കടന്നുവോ ഭഗവാനകത്ത് കടന്നു ശരീരം കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു മനസ്സുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ ഭഗവാനെ ആരാധിക്കുന്നു എന്നാൽ ഞങ്ങൾ ആരാധിക്കണമെന്നോ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞുവന്നോ യാതൊന്നും അവകാശപ്പെടുകയും ചെയ്യാതെ ഏകാന്തത്തിൽ അങ്ങനെ കഴിച്ചുകൂട്ടി പോകുന്നവരുണ്ടല്ലോ തേ പ്രായശ അജിത് ഭഗവാനെ അജിതൻ എന്ന് വിളിക്കുന്നു അജിതൻ വെച്ചാൽ ജയിക്കാൻ പറ്റാത്തവൻ ദാമോദരലീലയിലെ നമ്മൾ പറഞ്ഞുവല്ലോ എന്തൊക്കെ സാധന ചെയ്താൽ ഈ രണ്ടങ്കുലം കുറഞ്ഞു നിൽക്കും ശവം ചെയ്യാം യോഗസാധനം ചെയ്യാം ഭജന പാടാം തർക്കവിചാരം ചെയ്യാം എന്തു ചെയ്തിട്ടും അവസാനം എന്താ കിട്ടാത്തത് എന്താ കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ കിട്ടാതിരിക്കാൻ കാരണം തന്നെ അത് കിട്ടേണ്ട വസ്തുവാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് കിട്ടിയിട്ടുള്ള വസ്തുവിനെ കിട്ടേണ്ട വസ്തുവാണെന്ന് ഒരു ദൂരത്തിൽ ഈ കളയുടെ മുമ്പിൽ കട്ടി വെക്കോല് പോലെ അത് കിട്ടേണ്ട വസ്തുവാണ് എന്ന് വിചാരിച്ച് മനസ്സിനെ കിട്ടണം എന്ന് ആഗ്രഹമുള്ളത്തോളം മനസ്സ് ജീവിക്കും മനസ്സ് ജീവിക്കുന്നിടത്തോളം ആത്മാനുഭവം ഉണ്ടാവില്ല അപ്പോ എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് അത് ഭാഗവതധർമ്മമാണ് ഒന്നും നമ്മളായിട്ടൊന്നും മാറ്റണില്ല ഭാഗവതന്മാരെ അവര് സന്യാ ഗൃഹസ്ഥം ഗാർഹസ്ഥ്യം വിട്ട് സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ നിർബന്ധപൂർവം ഗാർഹസ്ഥ്യത്തിലേക്കോ ഒന്നും പ്രവേശിക്കില്ല ഭഗവാൻ പൂച്ച പോലെ എവിടെ വെച്ചോ അവിടെയിരിക്കും ഏത് അവസ്ഥയിൽ ഭഗവാൻ വെച്ചോ അവിടെ ഇരിക്കും ദരിദ്രനോ ദരിദ്രൻ പണക്കാരനോ പണകാരൻ ഏത് സ്ഥിതിയിൽ ഭഗവാൻ വെച്ചോ ഏത് ജോലിയാണെന്ന് വെച്ചാൽ ജോലി അവിടെ ഇരുന്നു ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്താം ചെവിയിലേക്ക് വന്നു വീഴുന്നു ഭവതീയ ഭഗവത് കഥകൾ അതിനെ ആസ്വദിച്ചുകൊണ്ട് ഭക്തിരസത്തിലൂടെ ഭക്തിരസം എന്ന് വെച്ചാൽ എന്താ ഭക്തി എന്ന് നമുക്ക് പറയാം ഭക്തി എപ്പോ ഉണ്ടാവും ഭഗവാൻ ഗീതയില് പറ പ്രസന്നാത്മ ന ശോചതി നാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാം ചിത്തം ശുദ്ധമായി ആത്മസാക്ഷാത്കാരം ഉണ്ടായി കഴിയുമ്പോൾ ഭക്തി നിരന്തരമാകുന്ന യഥാർത്ഥത്തിൽ ജ്ഞാനവും ഭക്തിയും രണ്ടല്ല ജ്ഞാനത്തിന്റെ പൂർത്തിയാണ് ഭക്തി ഭക്തിയില് നിരന്തര ആത്മരതിയാണ് എന്നുവെച്ചാൽ ആനന്ദ അനുഭവമാണ് അപ്പോ ഭക്തി നമ്മൾ ഭക്തിമാർഗത്തിൽ നാമസങ്കീർത്തനം ചെയ്തു തുടങ്ങുമ്പോ ബാക്കിയുള്ള മാർഗങ്ങളിലൊക്കെ ആരംഭത്തിൽ ക്ലേശവും പിന്നീട് അമൃതാനുഭവവുമാണ് പക്ഷെ ഭക്തിയില് ആരംഭം മുതൽ തന്നെ രുചിയാണ് നാരായണീയത്തിൽ ഭട്ടതിരി പറഞ്ഞു ഇത് ആമൂലാദേവഹൃദ ആരംഭം മുതൽ മധുരമാണ് പിന്നീട് മധുരമല്ല ആരംഭം മുതൽ മധുരമാണ് അപ്പൊ മധുരമായ ഈ ഭക്തി ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കലും സങ്കീർത്തനം ചെയ്യലും ജപം ചെയ്യലും ശരണാഗതി ചെയ്യലും നമ്മളുടെ ശക്തി നമ്മൾ സാധന ചെയ്യുന്നു നമ്മളുടെ ശക്തി നമ്മൾ നേടുന്നു എന്ന് അഹങ്കരിക്കാതെ ആ മഹാശക്തി പ്രപഞ്ചത്തിന് മുഴുവൻ നടത്തിക്കൊണ്ടുപോകുന്ന ആ പരമശക്തിക്ക് അടങ്ങിക്കൊടുക്കാൻ കഴിയുമ്പോ തന്നെ എന്തൊരു റിലീഫാണ് അല്ലെ എന്തൊരാശ്വാസമാണ് ട്രെയിനിൽ പോകുന്ന ഒരാള് തന്റെ ബാണ്ഡം തലയ്ക്ക് വെച്ചിരിക്കണോ ട്രെയിനെല്ലാം ചുമക്കുമ്പോ എന്റെ ഭാണ്ഡം ഞാൻ ചുമന്നോളാന്ന് പറഞ്ഞിരിക്കണോ ആളെ പോലെ ജഗത്തിലെ സർവ്വകാര്യങ്ങളും സർവേശ്വരൻ നടത്തുമ്പോ ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാനില്ലെങ്കിൽ നടക്കില്ല ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല ഈ അഹങ്കാരത്തിന്റെ ചുമടും വെയിറ്റ് ഭഗവാന്റെ മേലെ അങ്ങോട്ട് വെക്കാം ശാന്തമായിട്ട് സന്തോഷമായിട്ട് ഭഗവാന്റെ കയ്യിൽ ഒരു കൊച്ചു കുട്ടിയായിട്ട് യന്ത്രമായിട്ട് ദാസനായിട്ട് ഭൃത്യനായിട്ട് ഭക്തനായിട്ട് ഇരിക്കാമെങ്കിൽ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ ആരങ്ങനെ ഭക്തനായിട്ടിരിക്കുന്നു അവൻ ജ്ഞാനിയാകും ആരങ്ങനെ ദാസനായിട്ടിരിക്കുന്നുവോ അവൻ ജീവൻമുക്തനാകും ആരങ്ങനെ ശരണാഗതി ചെയ്യുന്നോ അവൻ ആ ക്ഷണത്തിൽ തന്നെ നിർവികൽപമായ സാക്ഷാത്കാരം അനുഭവിക്കും ശരണാഗതി എന്ന് വെച്ചാൽ എന്താർത്ഥം അഹങ്കാരത്തിന്റെ നിശേഷനാശം അപ്പോ ആ ക്ഷണത്തിൽ തന്നെ സാക്ഷാത്കാരം അനുഭവിക്കും അപ്പൊ ഭക്തിയുടെ വൈശിഷ്ട്യം അവിടെയാണ് വിശ്വരൂപദർശനം മുഴുവൻ ഭഗവാൻ കാണിച്ചു കൊടുത്ത് ഗീതയിൽ പറഞ്ഞു ഇതെങ്ങനെ സാധിക്കും ഈ വിശ്വരൂപം കാണാനായിട്ട് എന്ന് വച്ചാൽ ദാഹം വേദി തപസ ദാന ചേജ്ജയാ ശക്േവം വിധോ ദ്രഷ്ടം ദൃഷ്ടസി മാം യഥക്യാനയാ ശക് അഹമേവം വിധൂർജുന ജാത്തും ദ്രഷ്ടം ചേന പ്രവേഷ്ടും പരന്തപ അപ്പൊ ഭക്തി സഹജമായ മാർഗമാണ് ഭക്തിയിലൂടെ ചിത്രം ശുദ്ധമാവുമ്പോ പരാഭക്തി ഉണ്ടാവും പ്രാകൃതഭക്തി അമ്പലത്തിൽ വരുന്നു അമ്പലത്തിൽ മാത്രം സ്വാമിയെ കാണുന്നു അവിടെ മാത്രം ആരാധിക്കുന്നു ക്രമേണ ഈ പ്രാകൃത ഭക്തി ചിത്തത്തിനെ ശുദ്ധമാക്കിയാൽ കുറച്ചു കഴിയുമ്പോൾ മധ്യമ ഭക്തി ഉണ്ടാവും ഭഗവാനോട് ഭക്തി ഭക്തന്മാരുടെ സംഘത്തിലൊരാനന്ദം ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ രുചി ഭക്തിയില്ലാത്തവരെ കണ്ട കൃപ ഭക്തനെ ദ്വേഷിക്കുന്നവരോട് ഉപേക്ഷാഭാവം ഇതൊക്കെ ഉണ്ടായിത്തുടങ്ങും ക്രമേണ ജ്ഞാനം ഉണ്ടാവും സർവഭൂതേഷു യശ്ചേത് ഭഗവത്ഭാവം ആത്മനഹ ഭൂതാനി ഭഗവതി ആത്മനിശ ഭാഗവതോത്തമ എന്ന് പറയുന്ന പരാഭക്തി ജ്ഞാന ഭക്തി അവിടെ ഉദിച്ചു തുടങ്ങും അപ്പോ ഭക്തി വിട്ടിട്ട് വെറും യുക്തിവിചാരത്തിന്റെ മാർഗത്തിലൂടെ ജ്ഞാനം നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ പച്ചവെള്ളം കടയണ പോലെയാണ് പച്ചവെള്ളം കടഞ്ഞ വെണ്ണ കേട്ടു തൊണ്ടുകുത്തുന്ന പോലെയാണെന്ന് ഗോതമ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ അരി എടുത്തിട്ട് നെല്ലിന്റെ വെറും തൊണ്ടുകുത്തുമ പോലെയാണ് ശ്രേയശ്രുതി ഭക്തിമുദ്യത്തെ വിഭവും ക്ലിഷ്യന്തിയെ കേവലബോധലബ്ധേഷാമസൗ ക്ലേശലയേ വശിഷ്യതേ നാന്യദ്യതാ സ്ഥൂലതുഷാവഘാതി നല്ലവണ്ണം നോക്കണം ഇവിടെ ഒന്ന് ജ്ഞാന നിന്ദയല്ല ജ്ഞാനമല്ലാതെ വേറെ ഗതിയേയില്ല എന്ന് ഭാഗവതം പറയുന്നു അപ്പൊ ജ്ഞാനനിന്ദയല്ല ഇവിടെ ജ്ഞാനം വേണ്ടാന്നല്ല ജ്ഞാനം വേണമെങ്കിൽ ചിത്തം ശുദ്ധമാവണം വട്ടതിരി നാരായണേതല അവസാനം പറഞ്ഞു യാഥാർത്ഥ്യ ത്വന്മയേവി മമനവിഭോ വസ്തു ബന്ധമോക്ഷൗ മാതുഭ്യം തവതു വിരചിതൗ സ്വപ്നബോഥോപമൗ തൗ ബേ ജീവദ്മുക്തി ചിത താവതി താവ ഭൂക്തേദേഹദ്രുമസ്ഥ വിഷയഫലരസാൻ നിർവ്യഥാത്മാ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പ അങ്ങും ഞാനും വേറല്ല രണ്ടുപേരും ഒന്ന് തന്നെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മായാ അവിദ്യുഭ്യം വിരചിതൗ അങ്നു ഞാൻ അവിദ്യു സ്വപ്നം പോലെയും ജാഗ്രത പോലെയും വ്യത്യാസം ഒരേ വൃക്ഷത്തിലിരിക്കുന്ന രണ്ടു പക്ഷികളെ പോലെ ഒന്ന് പഴം തിന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് തിന്നാതെയിരിക്കുന്നു अ पिंदे उदासीन साक्ष पक्षी ज्ञानो पड़ंति पक्षी इत्र व्यसम पक्षे जीवन मुक्त वजसा कि फलम दूरदूरे तन्ना अशुद्धबुद्दे न चुमनस शोधनम भक्ति ते विष्णु कृशीष्टावृत सकल प्राप्म भक्तिभान सैं मंक्षु किंचिगुवचनिवोध ജീവൻ മുക്തത്വം ഏവം വിധമിത്തി ജീവൻമുക്തി ഇന്ന വിധത്തിൽ നിന്ന് ശാസ്ത്രം കണ്ടാൽ മനസ്സിലാവണം ജീവൻമുക്തിയാണ് നമ്മളുടെ ലക്ഷ്യം ശരീരത്തിലിരിക്കുമ്പോ തന്നെ മുക്തിപഥത്തിനെ നേടണം പക്ഷെ എങ്ങനെ നേടും അശുദ്ധ ബുദ്ധി ബുദ്ധി വിളിച്ചാൽ പിടിച്ചിട്ട് കിട്ടണില്ല ബ്രഹ്മവിചാരം ചെയ്യാൻ പറ്റണില്ല ആത്മവിചാരം ചെയ്യാൻ നോക്കുമ്പോൾ കൂരിട്ട് കാണുന്നു ബുദ്ധിയിൽ വാസനകൾ ബുദ്ധിമുട്ടിക്കുന്നു രാഗദ്വേഷങ്ങൾ ഉള്ളിലുണ്ട് മനസ്സിങ്ങനെ ചപലമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനെയൊക്കെ ശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിക്ക് ഉപനിഷത്ത് കേട്ടാൽ മനസ്സിലാവില്ല വേദാന്ത വിചാരം ചെയ്യാൻ അതിന് പക്വതയില്ല ആത്മവിചാരം ചെയ്യാൻ അതിന് സാധിക്കണില്ല അപ്പൊ എന്തു ചെയ്യും ഭക്തികൊണ്ട് ഹൃദയ ശുദ്ധമാവണമല്ലോ ഭക്തികൊണ്ട് ഹൃദയം ശുദ്ധമായി ഭക്തികൊണ്ട് ശുദ്ധമായി നിരന്തരം അങ്ങയുടെ സ്മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ മുക്തി വരും ആചാര്യസ്വാമി ശിവാനന്ദലഹരിയിൽ പറയുന്നു കഞ്ചിത് കാ മുമാമഹേശവദരവിന്ദർനൈ കഞ്ചിദ്ധ്യാന സമാതി കിത് കഥാകർണനൈ കിത് കഞ്ചിത് വേക്ഷണൈശ് നദി കഞ്ചിദ്ദാമീദൃശീം യു പ്രാതി മുത ർപ്പമനോജീവൻ സമുക്ത എങ്ങനെ എളുപ്പത്തിൽ ഭക്തിയിലെ ജീവൻ മുക്തി അത്രേ എങ്ങനെയാന്ന് വെച്ചാൽ നിരന്തരഭവത്സ്മരണം രാവിലെ എണീച്ചു ഉടനെ വന്ന ഉടനെ എണീറ്റു ഉറക്കത്തിൽ എണീറ്റ ഉടനെ ഈ കട്ടിലിരുന്നുകൊണ്ട് തന്നെ കുറച്ചുനേരം ഭഗവാനെ ധ്യാനിച്ചു എഴുന്നേറ്റ് വന്ന ഉടനെ ഭഗവാന്റെ മുമ്പിൽ ദിവ്യരൂപം എവിടെ വെച്ചിട്ടുണ്ടോ അവിടെ വീണ് നമസ്കരിച്ചു കുളിച്ചു വന്നു ഭഗവാന് സുപ്രഭാതം പാടി ദീപാരാധന കാണിച്ചു നാമം ജപിച്ചു ഏതെങ്കിലും ദിവ്യ ഗ്രന്ഥങ്ങളോ വായിച്ചു കുറച്ചുനേരം ധ്യാനിച്ചു ഈ ധ്യാനം പരിശീലിച്ച് പലിച്ച് പരിശീലിച്ച് ഇടയ്ക്ക് ധ്യാനിക്കണൂ എന്നുള്ള ഭാവവും ഇല്ലാതെ സമാധി നിഷ്ഠനായിട്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടുമ്പോൾ സത്സംഗത്തിൽ ചെന്നിരുന്ന് ഭഗവത് കഥകൾ കേട്ടു ദിവ്യക്ഷേത്രങ്ങളിലേക്ക് സമയം കിട്ടുമ്പോൾ ദർശനം നടത്തി വൈകുന്നേരമായാലോ സ്വയം കഥാശ്രവണം ചെയ്തു കഥ പറഞ്ഞു ഇങ്ങനെ രാത്രി വരെ നാമസങ്കീർത്തനവും ജപവും ധ്യാനവും ആത്മവിചാരവും ബ്രഹ്മവിദ്യാ സത്സംഗവും തീർത്ഥക്ഷേത്രയാത്രയും ഇങ്ങനെ രാത്രി വരെ ഭക്തിചര്യകളോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവന് മനസ്സ് ലോക വിഷയത്തിലേക്കേ വിടാതെ ഭാഗവത സമ്പ്രദായ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ ജീവൻ സമുക്താ ഖലൂന്ന് അവൻ ഇവിടെ തന്നെ ജീവൻ മുക്തൻ എന്നാ അല്ലെങ്കിൽ അവൻ ബന്ധം എവിടെ ബന്ധം വരും സമയം കിട്ടിയിട്ട് വേണ്ടേ മായക്ക് പിടിക്കാൻ മായക്ക് പിടിക്കാൻ സമയം കൊടുക്കാതെ നിരന്തരമായ ഭജനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ മുക്തൻ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്തിസാധന ക്രമേണ ചിത്തത്തിനെ ശുദ്ധമാക്കി മനസ്സ് വളരെ വളരെ വളരെ ശുദ്ധമാവുമ്പോൾ മനസ്സ് എന്ന് പിന്നെ അതിനെ പറയാൻ പറ്റില്ല ഭക്തന്റെ മനസ്സ് മനസ്സല്ല ഭക്തന്റെ മനസ്സിനെ മനസ്സെന്ന് പറയാൻ സാധ്യമല്ല അവിടെയും മനസ്സ് പോലെ ഒന്നും ഉണ്ടാകും പക്ഷെ അതിന് മനസ്സെന്ന് പറയാൻ പറ്റില്ല അതിന് ശക്തി എന്ന് പറയും ഭക്തി ശാസ്ത്രങ്ങൾ എന്തു വരണമെന്ന് വച്ചാൽ നമ്മളുടെ മനസ്സ് എന്താണ് അത് വികാരമാണ് ഭക്തന്റെ മനസ്സ് ഹ്ലാദിനി ശക്തിയാണ് ഹ്ലാദിനീ ശക്തി എന്താന്ന് വെച്ചാൽ രാമകൃഷ്ണ പരമവംശർ ഒരിക്കലും അദ്ദേഹത്തിന് വേലിയേറ്റം കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി വേലിയേറ്റം എവിടെ സമുദ്രത്തിലല്ല ഗംഗയിൽ തന്നെ വേലിയേറ്റ സമയത്ത് ഗംഗ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒഴുകും സമുദ്രത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞുവല്ലോ ഗംഗ കൽക്കട്ടയില് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒഴുകും അത് വരുന്ന ദിക്കിലേക്ക് അവിടുന്ന് ഇങ്ങനെ ഒഴുകണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങടേക്ക് ഒഴുകും അപ്പൊ രാമകൃഷ്ണ പരമവംശർ പറഞ്ഞു ഇതാണ് ശക്തി ഇതാണ് ഭക്തി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭക്തി ജീവൻ ചെയ്യുന്ന സാധനയല്ല ജീവൻ വളരെയധികം ബ്രഹ്മാനുഭവത്തിന് അടുത്തെത്തുമ്പോൾ ഈ സമുദ്രം നദിയിലേക്ക് ഒഴുകണ പോലെ സമുദ്രം നദിയുടെ ഉള്ളിലേക്ക് കയറണ പോലെ പരമാത്മാ ജീവന്റെ ഉള്ളിലേക്ക് കയറുന്നു എന്നാണ് അപ്പോ ഈ ഹാദിനീ ശക്തിയായിട്ട് തീരും ഭക്തന്റെ മനസ്സ് എന്ന് പറയണത് അതിന് മനസ്സെന്ന് പറയാൻ സാധ്യമല്ല നിരന്തര ആനന്ദ രസസ്വരൂപമായിട്ട് തീരും ഭക്തന്റെ മനസ്സ് അവിടെ വികാരം ഉണ്ടാവില്ല അവിടെ ചിദ്വിലാസമാണ് ഭഗവത്വിലാസമായിട്ട് തീരും അപ്പോ ആ ഭക്തിയെ വിട്ടിട്ട് വെറും ശാസ്ത്രം കൊണ്ട് ഘടം പടം എന്ന് ചണ്ടകൂട്ടിക്കൊണ്ടിരുന്നാൽ കേവലമായ ബോധത്തിനെ ബുദ്ധി കൊണ്ട് മാത്രം പിടിക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിക്ക് തെളിഞ്ഞൊക്കെ കിട്ടുമായിരിക്കും പിന്നെ അനുഭൂതി എങ്ങനെ വരും അനുഭൂതി എങ്ങനെ വരും നിൽക്കും അപ്പൊ അനുഭവത്തിന് പിന്നെയും വിഷമിക്കും അപ്പൊ എന്താ ശരണാഗതി ഭാവത്തോടെ ർത്താം എന്ന് വെച്ചാൽ എന്താ ഉപനിഷത്തുകളും ഉപനിഷത്തുകളൊക്കെ തന്നെ ഭഗവത് വാർത്തയല്ലേ അപ്പൊ കേൾക്കുമ്പോഴും നമന്തയേവ ജീവന്തി സന്മുഖരിതാം പ്രേമപൂർവം ശ്രവണം ചെയ്യണം ഭക്തിയുടെ മുഖ്യ ശ്രവണമാണ് ्रविक अच्छे श्रविकवर् भक्ति स्वानुभूति तीरु अ स्वानुभूति भक्त मुद्धि ब्रह्मे श्रमचलुषावाति तुंकुतम बहवोपियोगिनाजकया विबुक्त പ്രപേതിരേഞ്ചോച്യുതത്തെ ഗതി പരാ ത ഭൂമന് മഹിമാ ഗുണസ്യേവി ബോധു മർഹ അമലത്മഭവി സ്വാനുഭവാദൂപോ ഹ്യനന്യ ബോധ്യാത്മതയാതരേഹൂമേ ഭൂമന് ഭൂമന് ചില അനന്ത വസ്തുവേനർ നാരദമഹർ ശാസ്ത്രവോക് പഠിച്ച വേദാന്ത ശാസ്ത്രം ബുദ്ധി കൊണ്ട് വേദമൊക്കെ പഠിച്ചു നാലു വേദങ്ങളും ബുദ്ധി കൊണ്ട് പഠിച്ചു എന്നുവച്ചാൽ ചൊല്ലി പഠിച്ചു കാണാതെ പഠിച്ചു എന്നിട്ട് സനത്കുമാരനോട് ചെന്ന് ചോദിക്കുകയാണ് സനത്കുമാരനോട് പറയുക ഞാൻ വേദാധ്യനം ചെയ്തു ഞാനിപ്പോൾ ശബ്ദവിതു മാത്രമാണ് നതു അർത്ഥവിത്ത് ശബ്ദം നല്ലവണ്ണം എനിക്കറിയാം പക്ഷെ അതിന്റെ പൊരുളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും തൃപ്തിയില്ല എനിക്ക് എങ്ങനെ തൃപ്തി ഉണ്ടാവും പൂർണമായ തൃപ്തി എവിടെ കിട്ടും എന്ന് നാരദര് സനത്കുമാരനോട് ചോദിച്ചു അപ്പൊ സനത്കുമാരൻ പറഞ്ഞു നാരദരെ പൂർണമായ തൃപ്തി ഒരിക്കലും അല്പവസ്തുക്കളിൽ നിന്നും കിട്ടില്ല അനന്തതയിൽ നിന്നു മാത്രമേ പൂർണമായ തൃപ്തി ഉണ്ടാവുള്ളൂ ഭൂമാവൈ സുഖം നാൽപ്പേ സുഖം അസ്ഥി ഭൂമാവൈ സുഖം അല്പേ സുഖമസ്തി അല്പത്തില് സുഖമില്ല അല്പത്തിൽ കിട്ടുന്ന സുഖവും അല്പമായിരിക്കും അനന്തമായതിലേ സുഖമുള്ളൂ എന്താണ് ഭൂമ എന്ന് ചോദിച്ചു നാരദർ എത്ര നന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യദ്ജിഗ്രതി തദ് അന്യശ്യതി ന അന്യത് ശൃണോതി ന അന്യജിഗ്രതി ന അന്യദ്ാതി എവിടെ മറ്റൊന്നും കാണപ്പെടുന്നില്ലയോ തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തു കാണപ്പെടുന്നില്ലയോ ആത്മാവിൽ നിന്ന് അന്യമായ ഒന്നും കേൾക്കപ്പെടുന്നില്ലയോ ഒന്നും മണക്കപ്പെടുന്നില്ലയോ ഒന്നും സ്പർശിക്കപ്പെടുന്നില്ലയോ അത് ഭൂമ എത്ര അന്യത് പശ്യതി അന്യത്സണോതി അന്യദ്വിജാനാദി തത് അൽപ്പം ഭൂമാവൈ അമൃതം എവിടെ അന്യമായിട്ടെല്ലാം കാണപ്പെടുന്നു അന്യമായ വസ്തു കാണപ്പെടുന്നു അന്യമായ വസ്തു മണക്കപ്പെടുന്നു അന്യമായ വസ്തു അനുഭവിക്കപ്പെടുന്നുവോ അതൊക്കെ തന്നെ അല്പമാണ് അവിടെ പൂർണ്ണസുഖമില്ല അനന്തതയിൽ പരിപൂർണസുഖം അല്പത്തിൽ പൂർണ്ണസുഖം കിട്ടില്ല അപ്പൊ അനന്തമായ വസ്തുവെ വേണം പിടിക്കാൻ ഭഗവാൻ അനന്ത ആണ് അപ്പൊ ഭഗവാൻ ഒരു പേര് ഭൂമ എന്ന് പേര് അപ്പൊ ഭൂമന് എന്ന് വിളിക്കുകയാണ് ഭഗവാനെ തഥാപി ഭൂമന് മഹിമ അഗുണസ്യത്തെ വിബോധും അർഹതി പുരേഹ ഭൂമന് അനന്തമായ വസ്തുവേ എത്രയോ യോഗികൾ മനസ്സിനെ അങ്ങേക്ക് അർപ്പിച്ച് അവരുടെ കർമ്മം ശുദ്ധമാക്കി എത്രയോ ഭക്തന്മാരുണ്ട് അവരവരുടെ കർമ്മം ശുദ്ധമാക്കി എങ്ങനെ നിജകർമ്മയാതർപ്പിദേഹ നിജകർമ്മയാ അവരുടെ കർമ്മം ചെയ്തു ചില ഭക്തന്മാരൊക്കെ ഉണ്ട് അവരുടെ കർമ്മം വിട്ടില്ല പക്ഷെ കർമ്മം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നാലും കർമ്മം ചെയ്യും തുക്കാറാം ഉണ്ടായിരുന്നു മഹാരാഷ്ട്ര ഭക്തന്മാരുടെ അദ്ദേഹത്തിന് പലചരക്ക് കടയാ പക്ഷെ കട തുറക്കുകയില്ല അദ്ദേഹം ഭാര്യ ചീത്ത വിളിച്ചുകൊണ്ടേരിക്കും ഒരുപാട് ചിത്രം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം പോയി കട തുറക്കും കട തുറന്നാൽ നാട്ടിലൊക്കെ പാട്ടാവുക അത്രേ ഇന്ന് കട തുറന്നിട്ടുണ്ടായിരുന്നു എന്താ കച്ചവടം ചെയ്യാൻ അറിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആളുകൾ വരും ഇദ്ദേഹം ഇങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളുടെ ജോലിയെ അതാണെന്നാണ് അദ്ദേഹം പറയണത് അദ്ദേഹത്തിന്റെ ജോലി കച്ചവടം അല്ലാത്രേ ധ്യാനി പാണ്ഡുരംഗനെ ധ്യാനം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി മനസ്സിലെ പണ്ടുരംഗങ്ങളിൽ വെക്കണതാണ് ഞങ്ങളുടെ ജോലി വേറെ ജോലി ഒന്നുമില്ല വേറെ തൊഴിലൊന്നുമില്ല അപ്പോ കച്ചവടം നടക്കുമോ ആളുകൾ വരും തുക്കാറാം മഹാരാജ് ഞങ്ങൾക്ക് കുടുംബത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ഗോതമ്പുമാവ് തന്നാൽ ഇപ്പൊ പണം തരാനില്ല പിന്നീട് തരാം എന്ന് പറയും ഇതൊക്കെ താങ്കളുടെ തന്നെ എടുത്തോളൂ എന്ന് പറയും വേറെ കുറച്ചുപേർ വരും ഇദ്ദേഹം കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും എടുത്തുകൊണ്ടേ പോവും കട നടത്താൻ പറ്റുമോ ഇങ്ങനെ ഇങ്ങനെ കട നടത്താൻ സാധിക്കുവോ എന്നാൽ ഉപേക്ഷിച്ചിട്ട് സന്യാസം എടുക്കോ അതോട്ട് ചെയ്യൂല എന്താ കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല അങ് കർമ്മം അവരുപേക്ഷിക്കില്ല കർമ്മം അവരെ ഉപേക്ഷിച്ച് പോയാൽ വേണ്ടില്ല കർമ്മം അവരെ പിടിവിട്ടിരിക്കണു എന്നാലും അവർ കർമ്മത്തിനെ വിടില്ല അവരവരുടെ കർമ്മത്തിനെ ചെയ്യും അത് നിഷ്കാമ്യമായിട്ട് ചെയ്യും അവർക്ക് അഹങ്കാരം ഉള്ളില് അല്പം പോലും ഇല്ല പിത്മനിവാഭിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ ഭാഗവതോത്തമ ലക്ഷണം പറയുമ്പോൾ എന്റെ മറ്റുള്ളവരുടെ എന്നുള്ളതൊന്നും ഇല്ലാത്രേ ഉള്ളിൽ അല്പം പോലും ഇല്ല എന്നാണ് തുകാരാസ്വാമികൾക്ക് തന്റേതോ എന്നുള്ളത് ഒന്നുമില്ല അദ്ദേഹത്തിന് ഈ കട നടത്താൻ വയ്യാതായപ്പോൾ ഭാര്യ ഒരു ദിവസം ഒരുപാട് ചീത്ത പറഞ്ഞു ആ അമ്മ പാവം വളരെ വിഷമിക്കും പല വീടുകളിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും കൊണ്ടുവരും ഇദ്ദേഹത്തിന് പലതരക്ക് കടയിൽ ഉള്ളതൊക്കെ ദാനവും ചെയ്യും ഈ അമ്മയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ചീത്ത വിളിക്കും അദ്ദേഹത്തിന് എല്ലാ ആ അമ്മയ്ക്ക് ഇദ്ദേഹത്തിന് ചീത്ത വിളിച്ചാലും നല്ല സ്നേഹമാണ് ഭർത്താവിനോട് ഭർത്താവിനെ ദൈവം പോലെ നോക്കുകയും ചെയ്യും പാണ്ഡുരങ്കനെ നല്ല ചീത്തയും വിളിക്കും കരുമാണ്ടി എന്നാണ് പറയുക പാണ്ഡുരങ്കനെ ആ കരുമാണ്ടിയെ പൂജിച്ചു പൂജിച്ച് കുടുംബം തെട്ടി നശിച്ചു എന്നാലും ഇവരെ ഉപേക്ഷിക്കാൻ വയ്യ അദ്ദേഹം സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും ഒരു നിവൃത്തിയില്ലാതായപ്പോ വേറെ എന്തെങ്കിലും തൊഴിൽ നോക്കാമെന്നു പറഞ്ഞു ചെന്നു ഒരു ഭക്തൻ തുക്കാറാമിനോട് സ്നേഹമുള്ള ഒരു വ്യാപാരി അയാൾ അയാളുടെ തോട്ടം കൃഷിസ്ഥലം നോക്കാനായിട്ട് തുക്കാറാമിനെ ഏൽപ്പിച്ചു അദ്ദേഹം കൃഷി സ്ഥലം കാവലെ നിൽക്കുക എന്ന് വെച്ചാൽ എന്താ വെറുതെ നിന്നാ മതിയോ പശുക്കൾ വരും ആരെങ്കിലും കക്കാൻ വരും അവരെയൊക്കെ ആട്ടി ഓടിക്കണം അല്ലെ ഇദ്ദേഹത്തിനാണെങ്കിൽ അതൊന്നും സാധ്യമേ അല്ല പശു തിന്നാൻ വരുമ്പോ വളരെ സന്തോഷം അദ്ദേഹം തന്നെ കുറച്ച് പറിച്ചു കൊടുക്കും കക്കാൻ വരണവർ ഇവർ കള്ളനാണെന്ന് തോന്നണ്ടേ അവര് കള്ളന്മാരാണെന്ന് അദ്ദേഹത്തിന് തോന്നേ ഇല്ല ഭഗവാൻ വരണു വസ്തു കൊണ്ടുപോകും അവസാനം ഒന്നും ഇല്ല കൃഷിസ്ഥലത്തിൽ പശുക്കളൊക്കെ ഒന്ന് നശിപ്പിച്ചു എല്ലാം കൊണ്ടുപോയി ഈ ഏൽപ്പിച്ച ആള് തുക്കാറാമിനെ ചീത്ത വിളിക്കുകയാണ് തുക്കാറാമിനോട് ചോദിച്ചു ഇവിടെയുള്ള കരിമ്പ് ഗോതമ്പും എവിടെ പോയി എല്ലാം ഭഗവാൻ കൊണ്ടുപോയി അദ്ദേഹം തുക്കാറാമിനെ വളരെ ചീത്ത വിളിച്ചു അവസാനം പഞ്ചായത്ത് കൂടി വീട് പണയം വെക്കാൻ പറഞ്ഞു കൃഷി നഷ്ടമാവുകയാണെങ്കിൽ ഒക്കെ തുക്കാറാമിന് തരണം എഴുതി കൊടുത്തു അവസാനം നോക്കുമ്പോ പതിവായിട്ടുള്ളതിനു പകരം പത്ത് ഇരട്ടി അദ്ദേഹത്തിന് ലാഭം ഉണ്ടായി പത്തിരട്ടി ലാഭം ഉണ്ടായി അദ്ദേഹത്തിന് പോ ഞാൻ തുക്കാറാമിനെ എത്രയധികം ദ്രോഹിച്ചു ഇത് ഭഗവാനോട് തന്നെ ചെയ്ത അപചാരമാണെന്ന് കരുതി തനിക്കുള്ള ഭാഗം മാത്രം വെച്ച് ബാക്കിയുള്ളതൊക്കെ തുക്കാറാമന്റെ വീട്ടുകൊണ്ട് കൊടുത്തു ആ ഭക്തൻ അപ്പൊ അതെങ്കിലും സ്വീകരിക്കണ്ടേ ഭാര്യയ്ക്ക് പാവം വളരെ സന്തോഷമായി ജിജാബായി തുക്കാറാമന്റെ ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി ഭർത്താവിന് ആദ്യമായി കിട്ടിയ സമ്പാദ്യമാണ് അവര് വളരെ സന്തോഷിച്ചു പക്ഷെ എന്താ അവര് പുറത്തെവിടെയോ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മൂന്നു നാലു വണ്ടി കൊണ്ടുവന്നു കൊടുത്ത ഗോതമ്പ് മുഴുവൻ ഇദ്ദേഹം ദാനം ചെയ്തു തീർത്തു പിന്നെയും പഴയ പോലെ പഷണി തന്നെ ഭാഗവതന്മാരുടെ ജീവിതം വളരെ വിചിത്രമാണ് അവര് കുടുംബ ജീവിതത്തിൽ ജീവിച്ചാലും കൂടെ കുടുംബത്തിൽ അവര് രമിക്കണമില്ല ധനസമ്പത്തുകളുടെ നടുവിൽ ജീവിച്ചാലും കൂടെ തന്റേതെന്നുള്ള ഭാവമില്ല വാസുദേവൈക നിലയ ഇപ്പൊ തന്റെ വസ്തുക്കൾ എടുത്തുകൊടുത്തു ആ ഭക്തന്റെ തോട്ടത്തിന് കാവലിൽ നിന്നപ്പോ അദ്ദേഹത്തിന്റെ ആണെന്നൊന്നും തോന്നിയില്ല തൻ്റെതൊന്നുമില്ല മറ്റുള്ളവരുടേതൊന്നുമില്ല എല്ലാം ഭഗവാന്റെതാണ് സർവം വിത്തം അച്യുത നിർമ്മിതം എല്ലാം ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാൻ എല്ലാവരും എല്ലാവരുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ അനുഭവിക്കും അപ്പോ ഈ ഭക്തന്മാർക്കൊക്കെ ഭക്തി എങ്ങനെ ഉണ്ടായി ഇവരൊന്നു ശാസ്ത്രം പഠിച്ചവരല്ല ഇവർക്കൊക്കെ കഥോപനീതയ ഭഗവത് കഥകൾ കേട്ടിട്ടും ഭഗവാന് പരിപൂർണമായി അർപ്പിച്ച് ഭക്തീവോപനീതയാ പ്രഭേതിരെ അഞ്ചോ വളരെ ലളിതമായി എല്ലാറ്റിനും നടുവിലിരുന്നു കൊണ്ട് തന്നെ പരമഗതിയെ ഭഗവത് പദത്തിനെ അവര് പ്രാപിച്ചു ഭഗവത് പ്രാപ്തി അവര് നേടി അപ്പോ അവർക്കൊക്കെ ആത്മസാക്ഷാത്കാരവും ഉണ്ടായി താമന്റെ അഭംഗങ്ങളൊക്കെ നോക്കിയാൽ ഉപനിഷത്താണ് പല കീർത്തനങ്ങളിലും ഒരു കീർത്തനത്തിൽ തുക്കാരാൻ പറയുന്നു ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ മരിച്ചു ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്റെ മരണം ഞാൻ കണ്ടു അതോടുകൂടെ മരണമില്ലാത്തവനായിട്ട് തീർന്നു എന്ന് രാവിലെ സദർശനം പറയണത് ആ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം ഓർമ്മ ഉള്ളവർക്കറിയാം മൃത്യുജയം മൃത്യുഭയാശ്രിതാനാം അഹമ്മതിർ മൃത്യുമുപീതിപൂർവം അഹങ്കാരം മരിച്ചു ഭഗവാന്റെ അനുഭൂതി ശാശ്വതാനുഭവമായിട്ട് തീർന്നു അപ്പൊ അവരൊക്കെ തന്നെ ഭഗവത് കഥകള് കേട്ടും ഭഗവാന്റെ ദിവ്യരൂപത്തിനെ പാണ്ഡുരംഗനായി വിട്ടലായിട്ട് ധ്യാനിച്ചു ക്രമേണ ആ വിട്ടൽ തന്റെ ഹൃദയത്തിലും ജാഗ്രത്തിലും സ്വപ്നത്തിലും ഒക്കെ നിറഞ്ഞു ജാഗ്രതീ സ്വപ്നീ പാണ്ഡുരംഗ ഒരു അഭംഗത്തില് തുക്കാറാം പറഞ്ഞു ജാഗ്രത്തിലും സ്വപ്നത്തിലും എനിക്ക് പാണ്ഡുരംഗനാണ് ആ പാണ്ഡുരംഗൻ ആരാ സർവ്വചലാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പാണ്ഡുരംഗൻ സർവപ്രാണികളുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നു പാണ്ഡുരംഗൻ ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രമല്ല സർവ്വ വസ്തുക്കളും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ ഭക്തി കൊണ്ട് നിരന്തര നാമസങ്കീർത്തനം കൊണ്ട് അവർ ഈ സ്ഥിതിയെ പ്രാപിച്ചു അവരും ജ്ഞാനവിചാരം ചെയ്തിട്ടുണ്ട് അവരൊന്നും ജ്ഞാനവിചാരം ചെയ്യാതെ വന്നു എന്ന് വിചാരിക്കണ്ട പക്ഷെ അവരൊക്കെ ഭക്തിയും നാമജപവും ചെയ്യുന്നതുകൊണ്ട് അവരുടെ ബുദ്ധി ബുദ്ധി അത്യന്തം ശുദ്ധമായി ഉപനിഷ രഹസ്യങ്ങളൊക്കെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു എന്തായാലും ഈ ജ്ഞാന വിചാരം ചെയ്യാതെ ജ്ഞാനും തെളിയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ മനർഷി പറയുന്ന പോലെ ചുങ്കച്ചാവടി തപ്പാതെന്നാണ് ചെക്ക് പോസ്റ്റ് കിടക്കാതെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല വേറെ റൂട്ട് ഒന്നുമില്ല ആരാണെങ്കിൽ ജ്ഞാനത്തിലേക്ക് വന്നേ നോക്കൂ ആത്മജ്ഞാനത്തിലേക്ക് വന്നേ നോക്കൂ അവസാനം എന്നെങ്കിൽ എവിടെ പോയാൽ അവസാനം ചോദിക്കേണ്ടി വരും ഈ ജ്ഞാനം ആരാണോ എന്ന് ചോദിക്കേണ്ടി വരും ചോദിക്കാതെ അങ്ങോട്ട് കടക്കാൻ സാധ്യമേയല്ല പക്ഷേ ഭക്തികൊണ്ട് ഹൃദയം ശുദ്ധമായി വിബുദ്ധ്യ ഭക്തീവ കഥോപനീതയാ പ്രഭേദരെ അഞ്ചോച്ഛുതത്തെ ഗതി പരാം പരമമായ ഗതിയെ പ്രാപിച്ചു തഥാവിഭൂമന് ഹേ ഭഗവാൻ ഏ അനന്ത വസ്തുവേ അങ്ങനെയാണെങ്കിലും മഹിമ അഗുണസ്യതേ വിബുദ്ധും അർഹതി നിർഗുണനായ അങ്ങയുടെ മഹിമയുണ്ടല്ലോ അതറിയേണ്ടതാണ് അന്ന് പറഞ്ഞത് ഓർക്കണം നിർഗുണം എന്നുവെച്ചാൽ ഒരു ഗുണവും ഇല്ലാത്തതെന്നല്ല അർത്ഥം അങ്ങനെയൊരു കൊൺവർട്ടേഷൻ വന്നുപോകും ആ ശബ്ദത്തിന് നിർഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷയിലെ ഗുണമില്ലാത്ത നിർഗുണം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു തോന്നലുണ്ടാവും നിർഗുണം എന്ന് വെച്ചാൽ പരമാനന്ദ രസസ്വരൂപമായ വസ്തു എന്നാണ് അർത്ഥം സത്വത്തിന്റെയോ രജസിന്റെയോ തമസിന്റെയോ സ്പർശം പോലുമില്ലാത്ത സമൃദ്ധമായ ശാന്തിയാണ് നിർഗുണം അല്ലാതെ നിർഗുണം എന്ന് വെച്ചാൽ ഗുണം സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്പർശമില്ലാത്തത് എന്നാണ് അർത്ഥം അപ്പോ നിർഗുണത്തിന്റെ മഹിമ അറിയേണ്ടേയിരിക്കുന്നു ഭഗവാനേന്ന് എങ്ങനെയറിയും വിബോധമർഹത്തി അമലാന്തരാത്മവിഹി ആരുടെ ചിത്തം അത്യന്തശുദ്ധമാണോ അവർക്ക് അങ്ങയുടെ നിർഗുണത്തിന്റെ മഹിമ അറിയാൻ കഴിയും അതെപ്പറിയാൻ കഴിയും അവിക്രിയാ സ്വാനുഭവാ അനന്യബോധ്യാത്മതയച്ച വിക്രിയ എന്ന് വെച്ച വികാരം മനസ്സില് ഒരു ക്ഷണം പോലും നിശ്ചലമായി നിൽക്കാതെ മനസ്സ് വികാരാത്മകമായി ചലിച്ചുകൊണ്ടിരിക്കണമല്ലോ ഇതിന് വിക്രിയെന്നു പേര് ഈ വിക്രിയകളൊക്കെ നിൽക്കുമ്പോൾ നിർവികൽപ്പം എന്ന് പേര് ഈ വിക്രിയകളൊക്കെ നിൽക്കുന്ന അവസ്ഥയാകുന്ന സമാധി കൊണ്ട് അറിയണം അവിക്രിയാ സ്വാനുഭവാത് വേറെ ആരുടെങ്കിലും അനുഭവം അവനവൻ തന്നെ ഈ സത്യത്തിനെ അനുഭവിച്ചു കണ്ടെത്തണം സ്വാനുഭവാന്ന് വെച്ചാൽ വിഷയം ദൃശ്യം ദൃശ്യത്തിനെ ആശ്രയിക്കാതെ ദൃക്കായിട്ട് സർവസാക്ഷിയായിട്ട് ഉള്ളിലെ എല്ലാറ്റിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന അവബോധസ്വരൂപമായി ഭഗവാനെ ആ മഹിമ കണ്ടെത്തണം തന്നിൽ നിന്ന് മാറി നിന്ന് കാണാൻ പാടില്ല അനന്യബോധ്യാത്മതയാ അന്യബോധ്യം പാടില്ല ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ ബോധം വരുത്തുന്നതിന് ആളായി നിന്ന പരമാചാര്യൻ ആ ഉള്ളിലിരുന്ന് ആത്മാവായ ഗുരു ഉപദേശിക്കണം വസ്തുക്കളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ടീച്ചർ ഉപദേശിച്ചാ പ്രയോജനപ്പെടില്ല ഇപ്പൊ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ജോഗ്രഫി പഠിപ്പിക്കണോ എന്ന് വെച്ചാൽ ഗുരുത്വാകർഷണ ശക്തി കണ്ടുപിടിച്ച ആള് തന്നെ നമുക്ക് പഠിപ്പിക്കണമെന്നില്ല ഗുരുത്വാകർഷണ ശക്തി കണ്ടുപിടിച്ചു നമ്മുടെ സ്കൂൾ മാഷ് അത് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കണോ എത്രയുള്ളൂ അത് നമുക്ക് പ്രയോജനപ്പെടും അത് മനസ്സിലാക്കാൻ പക്ഷെ ബ്രഹ്മവിദ്യയില് ആ കണ്ടുപിടിച്ച ആളെ പഠിപ്പിക്കണം അല്ലാതെ അയാൾ പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചാൽ ഒരു പ്രയോജനവും പെടില്ല എന്നാണ് അതാണ് അനന്യബോധ്യാത്മകത അന്യം പറഞ്ഞാൽ പ്രയോജനം പെടില്ല അനന്യപ്രോക്തേ ഗതിരത്രീ അനീയാൻ ഹി അതർക്കം അണുപ്രമാണത് അണുവിനേക്കാളും അണുതരമായിട്ടുള്ള ഈ ബ്രഹ്മവസ്തുവിന് അന്യനായിട്ട് നിന്നുകൊണ്ടൊരാചാര്യൻ അന്യേന പ്രോക്തേ ഗതി അവഗതി അത്ര അസ്മിൻ വിഷയേ ബ്രഹ്മവിദ്യം നാസ്തി പ്രതിജ്ഞ എന്നാണ് ആചാര്യസ്വാമികളുടെ വാക്ക് അന്യനായിട്ട് നിന്നുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി നിന്നുകൊണ്ട് ഒരാൾ ഉപദേശിക്കുകയാണെങ്കിൽ അനുഭൂതി ഉണ്ടാവില്ല സ്വയം ആ ബ്രഹ്മസ്വരൂപനായ ആചാര്യൻ സ്വയമേവ ബ്രഹ്മമേ രൂപമായി ബ്രഹ്മഭൂതനായ ഒരാൾ ഉപദേശിച്ചാൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഉപദേശിക്കാൻ കഴിയും ഹൃദയത്തിന്റെ ചെവിയിലൂടെ നമ്മളത് കേൾക്കാൻ സാധിക്കും ജ്ഞാനികൾ പറയുമ്പോൾ പുറമേക്കുള്ള ചെവി അല്ല ഹൃദയത്തിന്റെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കും പുറമേക്കുള്ള ചെവി കൊണ്ട് ലോകവിഷയങ്ങളെയൊക്കെ കേൾക്കാം ബ്രഹ്മവിഷയത്തിന് ഹൃദയമാവുന്ന ചെവി കൊണ്ട് കേൾക്കാം ഹൃത്കർണ രസായ ഹൃത്കർണ രസായനം ഹൃദയവും കർണവും എന്നൊരർത്ഥം ഹൃത്താകുന്ന കർണ്ണം കൊണ്ട് കേൾക്കണം ഹൃത്താവുന്ന കർണ്ണം കൊണ്ട് ഈ രസായനത്തിന് ഉള്ളിലേക്ക് കടത്തണം അപ്പൊ ഹൃദയം കൊണ്ട് ശ്രവിക്ക ആന്തരിക ശ്രവണം നടത്താം അപ്പൊ ആന്തരിക ശ്രവണം നടത്തി അനന്യബോധ്യാത്മതയ അനന്യനായിട്ടുള്ള ആചാര്യൻ ഉപദേശിച്ചാലേ ഈ തത്വം പിടികിട്ടുള്ളൂ നല്ല വഴിയില്ല എന്നാണ് അന്യ പന്ത്ര വിദ്യത്തെ അയനായ വേറെ ഒരു മാർഗമില്ല ശ്രുതിയുടെ വാക്കാണ് വേറെ മാർഗമില്ലാതാണ് ഭഗവാനേ നിങ്ങൾ ഇപ്പൊ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നുല്ലോ ആ ഭഗവാന്റെ മഹിമയെ ഗുണങ്ങളെ കല്യാണ ഗുണങ്ങളെ ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുവോന്ന് വെച്ചാൽ അതൊന്നും വയ്യ അതിനുള്ള ബുദ്ധിശക്തി ഒന്നും പോരാ ഈ ലോകത്തിലുള്ള മണ്ണൊക്കെ ഓരോന്നായി പറക്കി പറക്കി പറക്കി എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമോ അതുപോലെ ഭഗവാന്റെ ഗുണ ഗുണങ്ങളെയും കണക്കാക്കാൻ സാധ്യമല്ല പിന്നെ എപ്പൊ സാധിക്കും തത്തെ അനുകമ്പു സമീക്ഷമാണുവാത്മകൃതം വിഭാഗം ഹൃദ്വാഗ്വു ഭഗവാന്റെ അനുകമ്പ കൃപ കമ്പനം എന്ന് വെച്ച ചലനം ഭഗവാന്റെ ഹൃദയത്തിലൊരു ചലനം ഉണ്ടാവണം ആ അനുകമ്പയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അനുകമ്പാർത്ഥമഹമജ്ഞാനജം തമഹാനാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത ഭക്തർമാരുടെ ഹൃദയത്തിലെ അനുകമ്പ കൊണ്ട് അവരുടെ അജ്ഞാനത്തിനെ നീക്കി ജ്ഞാനപ്രകാശത്തിനെ കൊടുക്കും എന്ന് ഭഗവാൻ തന്നെ പറയും അപ്പൊ അതേ പ്രതീക്ഷിച്ചുകൊണ്ട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവത്ഭക്തി അനുഷ്ഠിച്ചുകൊണ്ട് അവരവരുടെ പ്രാരബകർമ്മ അനുസരിച്ച് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുന്നു അതൊക്കെ ഒരു കംപ്ലൈന്റും പറയാതെ അനുഭവിച്ചുകൊണ്ട് ഭഗവത് പ്രസാദമായി കരുതിക്കൊണ്ട് ആര് ജീവിക്കുന്നു അവര് മുക്തിപഥത്തില് അവര് വളരെ വേഗം മുന്നോട്ട് ചെന്ന് പരമാത്മതത്വം സാക്ഷാത്കരിക്കും ഇതിൽ സംശയമില്ലേഹം ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവ് ഈ ഗോപബാലന്മാരുടെ ഭാഗ്യത്തിനെ ചിന്തിച്ച് ആശ്ചര്യപ്പെടാണ് ഈ തത്വം അറിയണമെങ്കിൽ എത്ര വിഷമങ്ങൾ കിടക്കണോ എത്ര ദുഃഖങ്ങൾ കിടക്കണോ അങ്ങനെയിരിക്കുമ്പോ ഈ ഗോപബാലന്മാർ എന്തു ഭാഗ്യം ചെയ്തു അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രജാം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം ഈ സ്തുതി അടുത്ത വർഷം നമ്മൾ പിന്നീട് ഒന്നുകൂടെ വിസ്തരിച്ച് കാണാം ഇപ്പോ ഒന്ന് പൂർത്തി ചെയ്യാണ് ഇപ്പൊ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രജൌകസാം എന്നിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം ബ്രഹ്മാവ് പറയാണ് ഈ നന്ദഗോപനും ഈ വ്രജത്തിലുള്ള ഗോപന്മാരും ഒക്കെ എന്തു ഭാഗ്യം ചെയ്തു അദ്വൈതവമായ പൂർണമായ ബ്രഹ്മം സനാതനമായ ബ്രഹ്മം ഇവരുടെ കൂടെ കളിച്ചുതടക്കണം ഇവർക്ക് ബ്രഹ്മത്തിനെ സ്ഥൂല രൂപത്തിൽ കാണാൻ സാധിക്കുന്നു ഇനി അവര് മാത്രമല്ല അവര് മാത്രമാണോ ഭാഗ്യം ചെയ്തത് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാണ് ദേവന്മാരെല്ലാരും അപ്പൊ ഓരോ ഇന്ദ്രിയ സ്ഥാനങ്ങളിൽ ഇരുന്നു ഈ ദേവന്മാരും ആത്മാവാകുന്ന ഭഗവാനെ അനുഭവിക്കണമല്ലോ അപ്പൊ ഞങ്ങളും ഭാഗ്യവാന്മാരല്ലേ ഈ ശ്ലോകമൊക്കെ മർമ്മം അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല ഈ ബ്രഹ്മാവ് പറയുന്ന വാക്കുകളൊക്കെ വളരെ സാധാരണമായിട്ട് തോന്നും പക്ഷേ ബ്രഹ്മാവ് പറയണത് വൃന്ദാവനത്തിലെ ഗോപന്മാരെ അനുഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ പിന്നെ ആരാ നമ്മളൊക്കെ എന്താ മോശകാരോ എന്നാണ് എന്താ മോശകാരോ ചോദിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ സ്ഥാനമൊക്കെ ദേവതാസ്ഥാനങ്ങളാണേ ആ ഇന്ദ്രിയങ്ങളുടെ ഓരോ സ്ഥാനത്തും ഇരുന്നു കൊണ്ട് അന്തരാത്മാവായ ഭഗവാനെ നമുക്കും അനുഭവിക്കാൻ കിട്ടുന്നുവല്ലോ ഏഷാം ഭാഗ്യമഹിമാുത തവദാസ്തം ഏകാദശി വയം ബത ഭൂരിഭാഗാ ഏതത് ഋഷീക ചഷകൈ അസക് പിർവാദയോ അംഗ്രി ഉദമധ്വമൃതാസന് ഇന്ദ്രിയങ്ങളിലൂടെ ഒക്കെ തന്നെ അനുഭവപ്പെടുന്നത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിലല്ലാതെ എവിടെ രസം ഉണ്ടാവും കണ്ണിലൂടെയും ഈ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ അതായത് ജ്ഞാനേന്ദ്രിയ ശബ്ദസ്പർശ രൂപരസന്ധങ്ങളെ അനുഭവിക്കുന്ന ചക്ഷുശ്രോത്ര ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അനുഭവിക്കുന്ന ചക്ഷുശ്രോത്രം രസന ത്വക്ക് ഘ്രാണം മൂക്ക് നാസിക എന്നിങ്ങനെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും അതേപോലെ വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നുള്ള അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഈ പതിനൊന്ന് ഇന്ദ്രിയങ്ങളാകുന്ന ചഷകങ്ങൾ പാത്രങ്ങളിൽ ഋഷീക ചഷകൈഹി അസകൃത് പി ആ ഇന്ദ്രിയങ്ങളാകുന്ന ചഷകങ്ങളിലെ ഈ ആസവത്തിന് മധ്വ അമൃത ആസവത്തെ ഭഗവത് അനുഭൂതിയാവുന്ന ആസവത്തിന് ഞങ്ങളൊക്കെ കുടിക്കുന്നുവല്ലോ പിടികിട്ടില്ല മനസ്സിലാക്കാൻ സാധിക്കില്ല മനസ്സിലാക്കിയാ മനസ്സില്ലാതാവും ഈ കാര്യം മനസ്സിലാക്കിയാൽ മനസ്സില്ലാതാവും മനസ്സിലാക്കിയിട്ട് ഓർമ്മ വയ്ക്കാൻ പറ്റിയ ബ്രഹ്മവിദ്യയുടെ ഒരു വൈശിഷ്ടമാ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ മഹാ അപകടമാണ് അല്ലേ ഇപ്പോഴാണ് ബ്രഹ്മു ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ ബ്രഹ്മാനുഭവം സകല ഇന്ദ്രിയങ്ങളിലൂടെയും ബ്രഹ്മാനുഭവം അതെങ്ങനെ സാധിക്കും സാധാരണ ആലോചിച്ചാൽ ഒരു വിധത്തിലും പിടികിട്ടില്ല ഒരു പ്രൊജക്ട് പ്രൊജക്ടറിൽ ഒരു ഫിലിം ചുറ്റുന്നു മുമ്പില് ലെൻസ് വെച്ചിട്ടുണ്ട് ഈ ഫിലിമിന്റെ പുറകിലൂടെ ലൈറ്റ് അടിക്കുന്നു ആ ലൈറ്റ് ഫിലിമിലൂടെ കടന്നു വരുന്നു ലെൻസിലൂടെ സ്ക്രീനിൽ സിനിമ കാണിക്കത്തു സിനിമയിൽ ചിലർ കറിയുന്നു ചിലര് ചിരിക്കുന്നു നല്ല വില്ലൻ വരുന്നു ഹീറോ വരുന്നു നല്ല ആൾ വരുന്നു ചീത്ത ആൾ വരുന്നു ഒരാൾ പൂജ ചെയ്യുന്നു ഒരാൾ കൊല്ലുന്നു എന്തൊക്കെയോ കാണുന്നു പക്ഷെ വാസ്തവത്തിൽ സ്ക്രീനിൽ എന്താ ഉള്ളത് വെളിച്ചമാണ് വെളിച്ചത്തിൽ ഈ ഫിലിംസ് ഉണ്ടാക്കണതാണ് ഈ നെഗ ഫിലിം ഉണ്ടാക്കുന്നതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ആ ഫിലിം അവിടുന്ന് എടുത്തു കളഞ്ഞാൽ സ്ക്രീനിൽ എന്തുണ്ടാവും വെറും വെളിച്ചം അല്ലേ അതേപോലെ നമ്മളുടെ ഉള്ളിൽ ചിപ്രകാശമുണ്ട് ആ ചിപ്രകാശം വാസനകളാകുന്ന ഫിലിമിലൂടെ കടന്നു വന്ന് ഇന്ദ്രിയങ്ങളാകുന്ന ലെൻസിലൂടെ പുറമേക്ക് വിജൃംഭണമാവുമ്പോഴാണ് രാഗദ്വേഷമയമായ നമ്മളുടെ പ്രപഞ്ചം നമ്മളൊക്കെ കാണുന്നത് ആ ഫിലിം എടുത്തു കളയുന്ന പോലെ നമ്മളുടെ ഉള്ളിൽ എടുത്തു കളഞ്ഞാൽ സകല ഇന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കുന്നത് ബ്രഹ്മത്തിന് തന്നെ വാസനയുണ്ടോ സകല ഇന്ദ്രിയങ്ങളിലൂടെയും രാഗദ്വേഷമയമായ ജഗത്ത് അനുഭവപ്പെടും വാസന പോയോ സകല ഇന്ദ്രിയങ്ങളിലൂടെയും ചിത്രകാശം മാത്രം അതാണ് ഋഷീകചകൈ ഹി അസകൃത്തി ഇന്ദ്രിയങ്ങളാവുന്ന ചഷകങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും വീണ്ടും ഞങ്ങളിതാ അമൃതാസഭത്തിനെ കുടിക്കുന്നു എന്ന് ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ച് വീണു നമസ്കരിച്ച് അനുമതി ചോദിച്ചു ഭഗവാനെ നാമസങ്കീർത്തനം ചെയ്ത് വീണു നമസ്കരിച്ചു അപ്പൊ ബ്രഹ്മാവ് പറയണു ഭഗവാനെ അങ്ങയുടെ അനുഭൂതി എവിടെ രാഗദ്വേഷങ്ങളും എവിടെ ദുഃഖം എത്രാലം ഭഗവാൻ ഹൃദയത്തില് കടക്കാതിരിക്കുന്നുവോ അത്രകാലം രാഗം ദ്വേഷം സങ്കല്പങ്ങൾ വികല്പങ്ങൾ ഒക്കെ ഉണ്ട് ഭഗവാൻ ഹൃദയത്തിൽ കടന്നാൽ രാഗദ്വേഷങ്ങളൊക്കെ അവിടുന്ന് പോവും താവത് രാഗാതയസ്തേനാഹ താവത് കാരാഗൃഹം ഗൃഹം താവൻ മോഹോ അഗ്രി യാവത് കൃഷ്ണ നേജനാഹ ഭഗവാൻ ഭഗവാൻ നമ്മളുടെ ഗുരുവായൂരപ്പനാവലല്ല നമ്മൾ ഗുരുവായൂരപ്പന്റെ ആയിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ പിന്നെ നമ്മൾ വിലയൊന്നും വെക്കണം ഗുരുവായൂരപ്പൻ നമ്മളെ പിടിക്കണം ഗുരുവായൂരപ്പൻ നമ്മളുടെ ഇതല്ല നമ്മള് ഗുരുവായൂരപ്പന്റെ ആയിക്കഴിഞ്ഞാൽ രാഗാതയ സേനാഹ രാഗങ്ങളാകുന്ന കള്ളന്മാര് വിട്ടുപോയി അത്ര കാലം കാരാഗൃഹം ഗൃഹം നമ്മള് ഭഗവാന്റെതായിട്ട് തരണവരെ വീട് വീടല്ല അത് കാരാഗൃഹം ജയിലാണെന്നാണ് ജയിലാണ് നേരെ മറിച്ച് ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചാലോ ജയിലും സ്വാതന്ത്ര്യ സ്ഥാനമാണ് അല്ലെ ഋഷികേശിലെ പശുഹിംസക്കെതിരെ കുറെ സന്യാസികള് പോരാടി പത്തിരുന്നൂറ് പേരും അപ്പോ അവരെയൊക്കെ ഒറ്റയടിക്ക് ഈ പോരാട്ടം നിർത്തണം എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പിടിച്ച് ജയിലിലാക്കി ഒരാഴ്ച ജയിലിൽ വെച്ചിട്ട് ഇവരെ തുറന്നു വിട്ടു ഇനി വരില്ല എന്ന് ിവസം കഴിഞ്ഞപ്പോൾ ഒരു രണ്ടായിരം പേര് വന്നിരിക്കണം വീണ്ടും എന്താന്ന് വെച്ചാൽ ഇവർ പോയി ബാക്കിയുള്ള സാമിയാർമാരുടെ അടുത്തൊക്കെ പറയണു പറഞ്ഞു നമുക്ക് പുറത്ത് വെറും റൊട്ടിയൊക്കെ കിട്ടണു അവിടെ റൊട്ടിയും ദാലും കിട്ടുന്നുണ്ടെന്നാണ് ഫോറൻ ലോകത്തിൽ ഒന്നും ചെയ്യാത്ത ചെയ്യാനില്ലാത്ത ആള് ജയിലിനുള്ളിൽ കിടന്ന എന്താ അപ്പൊ അവിടെയും കാരാഗ്രഹമല്ല നേരെ മറിച്ച് ഉള്ളിൽ രാഗവും ദ്വേഷവും ഉള്ള ആളാണോ നല്ല പാലസിലിരുന്നാലും കാരാഗ്രഹം ഗൃഹം അയാൾക്ക് അവിടെയും കാരാഗൃഹമാണ് കാരണം വെച്ചാൽ ഉള്ളിലെ രാഗവും ദ്വേഷവും ഒന്നും ചെയ്യാനിവിടെ ഒന്നും ഇല്ലെങ്കിലും ഒന്നും നേടാനില്ലെങ്കിൽ കാരാഗൃഹമാണെങ്കിലും സ്വാതന്ത്ര്യമാണ് അപ്പോ താവത് കാരാഗൃഹം ഗൃഹം യാവത് കൃഷ്ണ തേ ജന പ്രപഞ്ചം നിഷ്പ്രപഞ്ചോ വിടംബയസി ഭൂതലേ പ്രപന്ന ജനതാനന്ദ സന്ദോഹം പ്രതിത്തും പ്രഭോ ജാനന്തോ പ്രപഞ്ചം നിഷ്പ്രപഞ്ചോഭി വിടംബയസി ഭൂതലേ പ്രപന്ന ജാനന്ദ സന്തോഹം പ്രതിതും പ്രഭോ പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണ് പക്ഷെ ഭഗവാൻ തനിക്ക് ശരണാഗതി ചെയ്ത ഭക്തന്മാരുടെ അവരെ ആനന്ദ സന്തോഹം അവർക്ക് ഉണ്ടാക്കാനായിട്ട് ഭഗവാൻ എവിടെ വന്ന് ലീലയാടുന്നു കളിക്കുന്നു രസിക്കുന്നു വാസ്തവത്തിൽ എവിടെ പ്രപഞ്ചം എവിടെയോ ലോകം അന്വേഷിച്ചു നോക്കുന്നവർക്ക് ലോകം എവിടെ പക്ഷെ ഇതൊക്കെ ആർക്ക് മനസ്സിലാവും ജാനന്ത ഏവ ജാനന്തോന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ വേദാന്തം പറഞ്ഞാലും ഭക്തിയുടെ ഉച്ചം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമോ എന്ന് മനസ്സിലാക്കണവർ മനസ്സിലാക്കട്ടെ എല്ലാർക്കും ഒരു പോട്ടേന്നാണ് ബ്രഹ്മാവ് തന്നെ പറഞ്ഞത് ജാനന്തേവ ജാനന്ത അറിയട്ടെ കിം ബഹുത്യാനമേ പ്രഭു ഇനി അധികം എനിക്ക് പറയാനില്ല മനസഹ വപുഷ വാച വൈഭവം തവ ഗോചര മാത്രമല്ല മനസ്സിനും ശരീരത്തിനും വാക്കിനും